ഉപസംഹരി തന്നെ ആഗമൃത് വ്യുത്പന്നിപംസമേയവ്യവഹാരാ ദൃശ്യത്തിന്തി കഥം അവിദ്യവയാണ് പൃഥജ്ഞാനാമിഭവും പാമരന്മാരെ സംബന്ധിച്ച് പറയാം പ്രമാണങ്ങളും ശാസ്ത്രങ്ങളും എല്ലാം അവിദ്യയുള്ളവനാണ് അജ്ഞനെ സംബന്ധിച്ച് പറയാം ആഗമ ഉപപത്തി പ്രതിബദ്ധ പ്രത്യേകാത്മതത്വമാണ് ആഗമം ശ്രുതി വേദം ഉപനിഷത്ത് ഉപപത്തിയുക്തി ഇതിലൂടെ പ്രതിഫലന പ്രത്യേകാത്മതത്വമാണ് ഇതിലൂടെ ആത്മതത്വത്തെ അറിഞ്ഞവർ ഇവിടെ മാവധികാരൻ പറയുന്നത് ആഗമത്തിലൂടെ വൻഷത്തിൽ നിന്ന് കേട്ടറിയുക പിന്നെ മനന ഉപഭൂക്തി മന യുക്തി വിചാരം ചെയ്യുക നിന്നും രണ്ടെണ്ണ ഇവിടെ പറയുന്നു ഇനി ഒന്നുകൂടെയുണ്ട് നിത്യാസനം ധ്യാനം പിന്നെ സമാധി അങ്ങനെ ഒരു അറിവുണ്ടാകും ഭാവതികാരവിടെ അതിനെ കുറിച്ച് പറയുന്നത് പാവതികാരൻ ഈ ശ്രവണ മനനങ്ങളിലൂടെയുള്ള അറിവിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോ അവിടെ ഭാവനികാരൻ്റെ അഭിപ്രായം എന്താണ് മനനങ്ങളിലൂടെ ഉണ്ടാകുന്ന അറിവ് പോര അപരോക്ഷ സാക്ഷാത്കാരം എന്ന് പറയുന്നത് അറിവാണ് അതിനെ കുറിച്ച് ഇവിടെ പറയുന്നില്ല അപ്പൊ ഇവിടെ ഭാഷികാരൻ പറഞ്ഞ വിപത്തി എന്ന് പറയുന്നത് ശ്രവണ മനനങ്ങളിലൂടെ ഉണ്ടാകുന്ന അറിവാണ് സാക്ഷാത്കാരം അല്ലെന്നാണ് ഭാഗതികാരന്റെ അഭിപ്രായം അതുകൊണ്ടാണ് കൂടെ രണ്ടെണ്ണം മാത്രം പറഞ്ഞത് ആഗമ ബോത്തി പ്രതിപന്ന പ്രത്യേകാത്മ തത്വനുഷത്ത് ശ്രവിച്ചു മനനം ചെയ്ത് ആന്താവിനെ കുറിച്ച് ബോധമുള്ളവര് അവരാണെന്ത് ഉപന്നാം അവരാണ് ജ്ഞാനികൾ ജ്ഞാനമുള്ളവര് ഇവിടെ അവർക്ക് സാക്ഷാത്കാരം ഉണ്ടായില്ല അതിനൊന്നും പുംസ അങ്ങനെയുള്ള മനുഷ്യർക്ക് പ്രമാണ പ്രമേയ വ്യവഹാര ദൃശ്യന്തി അവരും പ്രമാണ പ്രമേയ വ്യവഹാരങ്ങൾ അവരെല്ലാം കാണുന്നുണ്ട് അത് ഭാഷയത്തെ വിശദീകരിച്ച പോലെ തന്നെ കണ്ണുകൊണ്ട് കാണുന്നു ചെടികൊണ്ട് കേൾക്കുന്നു ഇതൊക്കെ ചെയ്യുന്നു പക്ഷെ ഇതൂടെ പറയുന്നത് ആത്മബോധമുള്ളവരെ സംബന്ധിച്ചിരുന്നു പക്ഷെ ആത്മബോധം എങ്ങനെയുള്ള ആത്മബോധം ആ പരോക്ഷമൊന്നും പറയാം ശ്രുതിയിൽ നിന്നും മനനത്തിൽ നിന്നും ഉണ്ടാവുന്ന ആത്മബോധം അവർക്ക് പ്രമാണ പ്രമേയം ഉണ്ടാവും ആത്മബോധം എന്തായാലും ഉണ്ടല്ലോ കുറിച്ച് അറിയുന്നുണ്ടല്ലോ ഇത് കഥ അവിദ്യാവത്ത് വിഷയാണ്യവ പ്രമാണി അപ്പോൾ അവിദ്യയുള്ളവനാണ് പ്രമാണങ്ങൾ എന്നെങ്ങനെ പറയാൻ പറ്റും അവിദ്യയുള്ളവനെ ആശ്രയിച്ചാണ് പ്രമാണങ്ങൾ എന്നെങ്ങനെ പറയാൻ കഴിയും കാരണം ഭാഷ പറഞ്ഞ അതാണ് അവഷാണിയുക പ്രത്യക്ഷാധീനി സംബന്ധിച്ചാണ് പ്രത്യക്ഷാദി പ്രമാണങ്ങൾ ശാസ്ത്ര അതെങ്ങനെ പറയാൻ പറ്റും അവധ്യുള്ളവനാണെന്ന് കാരണം ആത്മാവിനെ കുറിച്ച് അറിഞ്ഞവരും എന്ത് ചെയ്യുന്നു അവരും പ്രമാണങ്ങളെ ആശ്രയിക്കുന്നു പ്രമേയം ഉണ്ടാകുന്നു അവർക്ക് പ്രമേയമുണ്ട് വ്യവഹാരം നടക്കുന്നു അവൻ അറിവുള്ളവരാണല്ലോ അപ്പൊ അറിവില്ലാത്തവനെ ആശ്രയിച്ചാണ് ശാസ്ത്രം എന്ന് പറഞ്ഞാൽ അറിവുള്ളവനും എന്താണ് വ്യവഹാരം നടത്തുന്നുണ്ടല്ലോ ഹ പശുവാധി വിഷ്ഠവിശേഷൻ പാക്ഷ്യകാലം പറയുന്ന എന്താണ് ആത്മാവിനെ കുറിച്ച് അറിവുള്ളവനായാലും പക്ഷിമൃഗാദികളെപ്പോലെ അവൻ പക്ഷിമൃഗാദികളെ പോലെ തന്നെ അവന്റെ പ്രമാണ പ്രമേയ വ്യവഹാരങ്ങൾ അനുകൂലത്തോടടുക്കുന്നു പ്രതികൂലത്തിൽ പിന്തിരിയുന്നു ഈ വ്യവഹാരം മൃഗങ്ങളെ പോലെ തന്നെയാണ് ആത്മാവിനെ അറിഞ്ഞവർ ഇതാണ് ഭക്ഷ്യകാരം പറഞ്ഞത് അപ്പോൾ അവിടെ ഒരു ചോദ്യം വരുന്നത് ഈ ആത്മാവിനെ കുറിച്ചുള്ള അറിവെന്ന് പറയുന്ന എന്തറിവ് ഏതറിയുമ്പോഴാണ് എങ്ങനെയുള്ള ആത്മാവിന്റെ അറിവാണ് ആത്മാവിനെ കുറിച്ചുള്ള എങ്ങനെയുള്ള അറിവാണ് ഒരാളിൽ പ്രമാണ പ്രമേയ വ്യവഹാരങ്ങളെ നിലനിർത്തുന്നത് അറിവ് ഏതരത്തിലുള്ളതാണ് അതിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് അത് ഭവതികാരനും പറഞ്ഞു അത് ആഗമത്തിലും ഉപത്തിലുണ്ടാകുന്നതാണ് പാഷകാരൻ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല പാക്ഷുകാരൻ പറയുന്നത് എന്താണ് ബോധമുള്ളത് ആത്മബോധമുള്ളവർ എന്നേ പറഞ്ഞു അപ്പോൾ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്ന ആത്മബോധം ഉണ്ടായാൽ പിന്നെ വ്യവഹാരങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് എന്തുകൊണ്ട് കാരണം ആത്മബോധം ഉണ്ടായാൽ അധ്യാസം നശിക്കുന്നു അധ്യാസമാണ് അവിദ്യ ഇവിടെ ഭാഷകാരൻ പറയുന്നതിനനുസരിച്ച് അധ്യാസവും ഇവിടെ ഈ പ്രകടനത്തിൽ കാരണം അധ്യാസത്തെ തന്നെയാ വിദ്യ എന്ന് പറയുന്നത് അധ്യാസം എങ്ങനെയിരിക്കും അത് മുമ്പോട്ട് പറയും അത് ദേഹാത്മ ബുദ്ധിയെന്ന് ദേഹാത്മബുദ്ധി തന്നെയാണ് അധ്യാസം ആ ബുദ്ധിയോടൊപ്പം വേവരിക്കുന്നു പലതരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നു അധ്യാസം തന്നെ വിദ്യ എവിടെ എവിടെയൊക്കെ വ്യവഹാരം കാണുന്നു അവിടെ ഇവിടെയൊക്കെ അധ്യാസം ഉണ്ടെന്ന് മനസിലാക്കും നേരത്തെ ഭാഷ ഭവനികാരൻ പറഞ്ഞു സുഷുപ്തി വ്യവഹാരമില്ല അവിടെ എന്തുകൊണ്ട് വ്യവഹാരമില്ല അധ്യാസം ഇല്ലാത്തതുകൊണ്ട് അധ്യാസം ഉള്ളിടത്തേക്ക് വ്യവഹാരം നടക്കും എവിടെ പുകയുണ്ടോ അവിടെ തീയുണ്ട് എവിടെ തീ അവിടെ പോകയില്ല അതുപോലെ ഇവിടെ അധ്യാസമുണ്ടോ അവിടെ വ്യവഹാരം നടക്കും ഇവിടെ അധ്യാസം ഇല്ല അവിടെ വ്യവഹാരം നടക്കത്തില്ല പറയുന്നു എവിടെയെങ്കിലും വ്യവഹാരം കാണുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം അധ്യാസമുണ്ടോ ഇപ്പൊ വ്യവഹാരം എന്ന് പറയുന്നത് പുകയുടെ സ്ഥാനത്ത് അധ്യാസം എന്ന് പറയുന്നത് തീയിന്റെ സ്ഥാനത്ത് അപ്പൊ എവിടെ വ്യവഹാരമുണ്ടോ അവിടെ പിന്നെ അധ്യാസവും കാണും ജാഗ്രതങ്ങനെ സാധാരണ എല്ലായിടത്തും ഇവിടെ പറയുന്ന എല്ലാവർക്കും വെച്ചാൽ ആത്മാവനെ കുറിച്ച് അറിയുന്നവനായ പുകയുണ്ടോ അവിടെ എത്തിയുണ്ടോ അപ്പൊ ആത്മാവിനെ കുറിച്ച് അറിയുന്നവനവിടെ വ്യവഹാരമുണ്ട് പ്രമാണ പ്രമേയ വ്യവഹാരങ്ങളുണ്ട് അവൻ കാണുന്നു കേൾക്കുന്നു തിന്നുന്നു കുടിക്കുന്നു എല്ലാം ചെയ്യുന്നു അപ്പോ ഇവിടെ വ്യവഹാരം ഉണ്ടെങ്കിൽ ഇവിടെ അധ്യാസമുണ്ട് അധ്യാസം എന്ന് പറയുന്ന വിദ്യ അധ്യാസം ഇല്ലയോ സൂക്ഷി നേരെ പറഞ്ഞു അവിടെ അധ്യാസം ഇല്ലാതുകൊണ്ട് വ്യവഹാരമില്ല അപ്പോ ജാഗ്രത്തിൽ ഒരാള് ആത്മബോധം ഉണ്ടായി അവിദ്യ നശിച്ചു എന്ന് പറയണമെങ്കിൽ അധ്യാസം നശിച്ചു അദ്ദേഹം നശിച്ച പിന്നെ വ്യവഹാരം പാടില്ല ആയിരിക്കും ഇതാണ് ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം എന്ത് നശിച്ച എന്ത് കാണില്ല എന്നാ എന്താണ് അദ്ദേഹം നശിച്ച വ്യവഹാരം കാണില്ല ഇതാണ് ഇവിടെ പക്ഷെ അങ്ങനെയല്ല കാണുന്നത് ആത്മാവിനെ കുറിച്ച് അറിയാവുന്നവരും എന്ത് ചെയ്യുന്നു നമ്മൾ ജ്ഞാനികളെന്നൊക്കെ പറയുന്നവരും എന്തു ചെയ്യുന്നു അവര് വ്യവഹരിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ അവിടെ പോകുന്നുണ്ട് കാണണം തീ കാണു അധ്യാസം തന്നെയാണെന്ത് അവിദ്യ അപ്പൊ അവിദ്യയുണ്ട് അപ്പൊ കൊണ്ട് അവിദ്യ ഇവിടെ നശിച്ചു ഈ ഒരു വിഷയത്തെ ചുറ്റിപ്പറ്റിയാണ് ഇവിടുത്തെ ചർച്ച ചെയ്ത് മനസ്സിലായില്ലെങ്കിൽ ഒന്നും മനസിലാകത്തില്ലേ പ്രത്യേകാത്മതത്വത്തെ അറിഞ്ഞവർക്കും വിൽപ്പന്നാനാം അറിവുള്ളവർക്കും പ്രമാണ പ്രമേയ വ്യവഹാര ദൃശ്യത്തെ പ്രമാണ പ്രമേയ വ്യവഹാരങ്ങളുണ്ട് അത് വ്യവഹാരങ്ങളെ കുറിച്ച് കൂടെ പറയുന്നത് പ്രത്യേകിച്ച് ഇതാണ് എന്താണ് പ്രമാണ പ്രമേയ വ്യവഹാരം എന്ന് വെച്ചാൽ കണ്ണുകൊണ്ട് കാണുക ചെവി കൊണ്ട് കേൾക്കുക ഇതൊക്കെ തന്നെ ഇത് കഥം അവിദ്യാവത് വിഷയാണ് ഉള്ളവനാണ് പ്രമാണമെന്ന് അങ്ങനെ പറയാൻ പറ്റും അത് പശ്ചാത്തല വിശേഷ വിശദീകരിക്കുന്നു വിദന്തു നാമ ആഗമ ഓപത്തിഭ്യാം ിയാദിഭ്യോ ഭിന്നയകാത്മാനം പ്രമാണ പ്രമേയോർമാതിവർത്തേ ഇതെന്തു നാം അറിഞ്ഞോട്ടെ എന്ത് ആഗമൃത്തിഭ്യം ശ്രവണമനങ്ങളിലൂടെ ദേഹേന്ദ്രിയാദിഭ്യോ ഭിന്നം പ്രത്യേകാത്മാനം ദേഹേന്ദ്രിയാദികളിൽ നിന്ന് ഭിന്നമായ പ്രത്യേകാത്മാവനെ അറിഞ്ഞോട്ടെ അറിഞ്ഞുതന്നെ ഇരിക്കട്ടെ എന്നാണ് വിതന്തു അറിഞ്ഞു അറിഞ്ഞു നോക്കി ദേഹീന്ദ്രിയാദിപ്പുഭിന്നം പ്രത്യേക ആത്മാവിനെ എങ്ങനെയുള്ള ആത്മാവിനെ ദേഹീന്ദ്രിയാദികളിൽ നിന്നും ഭിന്നമായൊരു ആത്മാവുണ്ട് അങ്ങനെ അറിഞ്ഞുതന്നെ ഇരിക്കട്ടെ എവിടെ നിന്നറിയും എങ്ങനെ അറിയും അങ്ങനെ ശുതിയിൽ നിന്നും മനനത്തിൽ നിന്നും പ്രമേണപ്രമാ പ്രമേയ വ്യവഹാരം ചെയ്തു പക്ഷെ ഒരു മനുഷ്യൻ അവന്റെ പ്രമാണ പ്രമേയ വ്യവഹാരത്തിൽ വെച്ചാൽ എന്താണ് പ്രമാണ പ്രമേയ എന്ന് പറഞ്ഞാൽ എന്താണ് ആ കാണി കേൾക്കുക ചെയ്യുന്ന ആ പ്രവർത്തി നടക്കുമ്പോ പ്രാണഭൃത് മാത്രം ധർമ്മ പ്രാണഭൃത് എന്ന് വെച്ചാൽ ജീവൻ വരാണ് വെച്ച എല്ലാ ജീവന്മാർക്കുമുള്ള ധർമ്മം അതിൽ നിന്നും നെ അതിവർത്തിക്കുന്നില്ല ജീവധർമ്മത്തോലും അതിവർത്തിക്കുന്നില്ല എവിടെ ും ജീവധർമ്മത്തെ അധിവർത്തിക്കുന്നില്ല അതാണ് ജീവധർമ്മങ്ങളെയൊന്നും മറികടക്കുന്നില്ലാരും ആരും പറഞ്ഞാൽ ആത്മാവിനെ അറിഞ്ഞവനായാലും ശരി ജീവധർമ്മങ്ങളെ ആരും മറികടക്കുന്നില്ലെന്ന് പറഞ്ഞാൽ എന്താ അവിടെ ഉദ്ദേശിക്കുന്നത് ഇതാണ് എന്താ വിവഹാരങ്ങളും തന്നെയും കുടിക്കുക ഒക്കെ ചെയ്യുന്നുണ്ട് ജീവധർമ്മം ആത്മാവനെ അറിഞ്ഞു വിചാരിച്ച ജീവധർമ്മക്കാരും പറയാൻ കാരണം ആത്മാവനെ അറിഞ്ഞാലും ജീവധർമ്മത്തെ മറികടക്കുന്നുണ്ട് അങ്ങനെ പറയാനെന്താ കാരണം പ്രയാകർ ആത്മ പിന്നെ അറിഞ്ഞുകഴിഞ്ഞ അധ്യാസം അല്ലെങ്കിൽ ആ വിദ്യ നശിക്കും നശിച്ചുകഴിഞ്ഞാൽ പിന്നെ ജീവിതധർമ്മം കാണാൻ പാടില്ല ആത്മാവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അധ്യാസം നശിക്കും പിന്നെ ജീവധർമ്മങ്ങളൊന്നും കാണാൻ പാടില്ല പിന്നെ ബ്രഹ്മല്ലേ പക്ഷെ ഇവിടെ എങ്ങനെയാ കാണുന്ന ആരും തന്നെ ജീവധർമ്മത്തെ അതിക്രമിക്കുന്നില്ല എല്ലാരും കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് ജീവധർമ്മെന്താണ് എല്ലാവരും ശരിക്കും ആത്മാവിനെ അറിഞ്ഞാൽ എന്ത് സംഭവിക്കണം എന്താ സംഭവിക്കേണ്ടത് സംഭവിക്കണം വിശദീകരിക്കുന്നു യാദൃശോഹി പശു ശുന്ധാദീന വിപ്രതിപന്നുഗ്ധഭാവാഹാര്യുത്പന്നിപുംസാം ദൃശ്യത്തി യാതൊരു ചോദി എപ്രകാരമാണോ പശു ശകുന്താദീന പശു എന്നുവെച്ചാൽ മൃഗം ശകുന്തം എന്ന് വെച്ചാൽ പക്ഷി പശു ശകുന്താദികൾക്ക് മൃഗങ്ങൾക്കും പക്ഷികൾക്കും എല്ലാം മുഗ്ധഭാവന അവിപ്രതിപന്ന ബോധരഹിതമായ മുഗ്ധഭാവാന മൂഢഭാവം ഉള്ളവർക്ക് മൂടാവസ്ഥയിലുള്ളവർ ബോധരഹിതമായ വിവേകരഹിതമായ മൂടാവസ്ഥയിലുള്ളവരാണ് ആര് പക്ഷിമൃഗാദികൾ അതാണ് ആ വിപ്രതിബന്ധം വിപ്രതിബന് ബോധ അതില്ലാത്ത മൂട അവസ്ഥയിലുള്ള പക്ഷിമൃഗാദികൾക്കും യാദൃശ്യ വ്യവഹാരം അവർക്കെങ്ങനെയാണോ അവരുടെ വ്യവഹാരം അവരെങ്ങനെയാണ് വിവഹരിക്കുന്നത് താദൃശോ പിന്നിപിംസം ദൃശ്യ അതുപോലെ തന്നെയാണ് അറിവുള്ള ആത്മബോധമുള്ള മനുഷ്യരിലും കാണുന്നു അവിടെ വ്യവഹാരത്തിൽ ഒരു മാറ്റവും കാണുന്നില്ല ലോകത്ത് അങ്ങനെയല്ലേ കാണുന്നു ഞാനീന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ വ്യവഹാരം എന്താണ് പക്ഷിമൃഗാദികളെ പോലെ തന്നെ എന്ത് വ്യവഹാരം പ്രമാണ പ്രമേഹ വ്യവഹാരം അപ്പൊ അതുകൊണ്ടെന്താ ുത്പന്നെ വ്യവഹാര സമയ അവിദ്യവർം അനുമേ അതുകൊണ്ട് തത്സാമാന്യ മൃഗങ്ങൾക്ക് തുല്യമായതുകൊണ്ട് പക്ഷെ മൃഗാദികൾക്ക് തുല്യമായതുകൊണ്ട് വിദ്വാൻമാർക്കും സമയത്ത് വ്യവഹരിക്കുന്ന കാലത്ത് അവിദ്യാവത്വം അനുമയം അവിദ്യയുണ്ടെന്ന് അനുമാനിക്കേണ്ടതാണ് എന്തുകൊണ്ട് അവരും വ്യവഹാരം നോക്കുമ്പം അവരെല്ലാം തുല്യമാണ് പക്ഷെ മൃഗാദികളും ജ്ഞാനികളുമൊക്കെ തുല്യമാണ് അതുകൊണ്ട് ആ പ്രവൃത്തി സമയത്ത് വ്യവഹാര സമയം വെച്ചാൽ പ്രവർത്തിക്കുന്ന സമയത്ത് എന്തുപറയേണ്ടി വരും അവിദ്യാപത്വ അഭ്യതയോ വിദ്വാൻമാരിലോ ആ വിദ്യ എങ്ങനെ വിവഹരിക്കും സിദ്ധാന്തം പോയില്ലേ അഭിവാനെ ജ്ഞാനം നശിച്ചാൽ അധ്യാസം നശിച്ചു അധ്യാസം പിന്നെ വ്യവഹാരം പക്ഷെ മൃഗങ്ങളെ പോലെ തന്നെ എന്തു ചെയ്യുന്നു പ്രമാണ പ്രമേയ എവിടെ കാണുന്നു എവിടെ കാണുന്നു വിജ്ഞാനികളും കാണുന്നു എന്താ ജ്ഞാനങ്ങളുടെ അവരുടെ അജ്ഞാനം നശിച്ചില്ല വിവരിക്കുന്നു പറയേണ്ടി വരും അതാണ് ചേന അക്കാരണത്താൽ വ്യവഹാരം കാണുന്നതുകൊണ്ട് ജ്ഞാനികളിൽ വ്യവഹാരം കാണുന്നൊണ്ട് മൃഗതുല്യമായതുകൊണ്ട് അനുമേയം അനുമാനിക്കേണ്ടതാണ് ചമുച്ചയ സൂത്രത്തിൽ പശ്വാദിപിഷ്ട പശ്വാതി ബിഹി അവിശേഷാദിച്ചാന്ന് തന്നെ ഇരിക്കുന്നു പശുവാദികൾക്ക് തുല്യമായിരിക്കുന്നത് കൊണ്ടും ആരെ ക്രിസ്ത്യാനികൾ ശാരിവർത്തനസഹിത പൂർത്ത ഉവത്തി അവിദ്യവത് പുരുഷവിഷയം സാധയത് നേരത്തെ വന്ന ശങ്കദ്യ വിഷയാണ് പ്രത്യക്ഷാധീനി പ്രമാണി ശാസ്ത്രാണ് ഈ ശങ്കയുണ്ട് പ്രമാണങ്ങളെല്ലാം അവിദ്യ ഉള്ളവനെങ്ങനെ ആശ്ചരിച്ചിരിക്കും ഈ സംഘ അതാണ് ഉക്തശങ്ക നിവർത്തന സഹിതപൂർവോക്ത ഉപത്തി ആ ശില്ലാതാക്കുന്ന മുമ്പ് പറഞ്ഞ യുക്തികൾ വച്ച് ചിന്തിക്കുമ്പോൾ അവിദ്യാവത് പുരുഷ വിഷയത്വം പ്രമാണാനം സാധിക്കും പ്രമാണങ്ങൾ അവിദ്യ ഉള്ള പുരുഷനെ ആശ്രയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധിക്കുന്നത് എന്തുകൊണ്ട് വിദ്യ ഉണ്ടെങ്കിൽ അതുകൊണ്ട് അവിടെ അവിദ്യ നശിക്കണം അധ്യാസം നശിക്കണം അദ്ധ്യാഥം നശിച്ചാൽ വ്യവഹാരം പാടില്ല പക്ഷെ ഇവിടെ ജ്ഞാനികളിൽ വ്യവഹാരം കാണുന്നുണ്ട് അതുകൊണ്ട് ജ്ഞാനികളിൽ അവിദ്യയുണ്ട് അപ്പോൾ പ്രമാണങ്ങൾ അവിദ്യയുള്ളവനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് യുക്തശങ്ക നിവർത്തന സഹിത പൂർവോക്ത ഉപത്തി അവിദ്യാവത് പുരുഷ വിഷയത്വം അവിദ്യാവത് പുരുഷനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് പ്രമാണാനാ പ്രമാണങ്ങൾ എന്നുള്ളത് സാധിക്കുന്നുണ്ട് ഇപ്പൊ ഇതാണ് പറഞ്ഞു വരുന്നത് എന്താണ് തത്വജ്ഞാനം ഉണ്ടെങ്കിലും പ്രമാണ പ്രമേയ വ്യവഹാരങ്ങൾ ആ ജ്ഞാനീലും നടക്കുന്നുണ്ട് ശോ വിധിച്ച വിശേഷ അതെങ്ങനെ നടക്കും എന്നുള്ള ഇനി വിശ്രീ പക്ഷെ അതെല്ലാം ഞാനീലും നടക്കുന്നുണ്ട് എന്തു നടക്കുന്നുണ്ട് ആ വ്യവഹാരങ്ങളെല്ലാം നടക്കുന്നുണ്ട് ഞാനീന്ന് വെച്ചാ ഞാനുണ്ട് ഞാനോണ്ട് അഞ്ഞാനോ എന്നാ പിന്നെ ഇങ്ങനെ പ്രവൃത്തി ഞാനെന്ന് വെച്ചാൽ പിന്നെ പ്രവൃത്തികളൊക്കെ പാടില്ലല്ലോ ആർക്കില്ല കാരണം ഞാനുകൾക്കില്ലാന്ന് പറയാൻ പറ്റില്ല ചേഷ്ട വേണമെങ്കി എന്ത് വേണം ചേഷ്ടങ്ക എന്ത് വേണം ചേഷ്ടെങ്കി അധ്യാസം വേണം ഞാനും കൊണ്ട് എന്ത് സംഭവിക്കും പിന്നെങ്ങനെ ചേഷ്ട പ്രവർത്തി നടക്കുന്നു ചോദിക്കുന്നു ചോദ്യം മനസ്സിലായില്ല ആ ഞാൻ ഉത്തരമാണ് പ്രവൃത്തി നടക്കണമെങ്കിൽ എന്ത് വേണം ഞാനുകൊണ്ട് എന്ത് സംഭവിക്കും എന്ത് ആ അപ്പൊ പിന്നെങ്ങനെ പ്രവൃത്തി ചോദ്യം വളരെ സിമ്പിളാണ് പ്രവൃത്തി അഭ്യാസം കൊണ്ടാണെങ്കിൽ ഞാനും കൊണ്ടെന്ത് ചെയ്തു പശു മൃഗാദികളെ പോലെയല്ല പശുപക്ഷ ഇവിടെ അങ്ങനെയാണെന്നാ പറഞ്ഞു വരുന്നത് അല്ലെന്നല്ല പശു പക്ഷി ആദികളെ പോലെയാണ് എന്നാണ് പറഞ്ഞു വരുന്നത് നല്ലെന്നല്ല പശുവാദിപിശ്ത വിശേഷം പക്ഷിമൃഗാദികൾക്ക് തുല്യമാണെന്നാണ് വിശേഷമെന്നു വെച്ചാൽ തുല്യം അല്ലെന്നല്ല പറയും എന്തുകൊണ്ട് അതിനുള്ള ഇതാണ് പറയുന്നത് ആത്മജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കണം അധ്യാസം അധ്യാസം എന്ന് വെച്ചാൽ എന്തോരം വ്യവഹാരം പോകും ജ്ഞാനികൾ ഉപകരിക്കുന്നത് അത് പക്ഷികളെ പോലെയാണെന്നാണ് പറയുന്നത് വിജതെന്നു വെച്ചെ യഥാഹി എന്ത് പശ്വാദിശേഷുന്നുാഷ്യത്തിലാണ്ഹി പശ്വാദയ പശ്വാദയ അശ്വാദയോത്രദീന സമ്പന്ധേ സതി ശബ്ദവിജ്ഞ പ്രതികൂല ജാതി തോ നിവർത്ത യ പശുവാദികൾ മൃഗാദികൾ പക്ഷമൃഗാദികൾ ശബ്ദാദിവി ഭാഷയത്ത് ശബ്ദാദികളുമായിട്ട് പശുവാദി അത്രചാദിവി ശ്രോത്രാധീന സമ്പന്തേ സതി ഇനി പ്രത്യക്ഷം പ്രമാണം ദർശിക്കും അതായത് ശബ്ദാദി ഇന്ദ്രിയങ്ങൾക്ക് ശ്രോത്രാദി വിഷയങ്ങളോടുള്ള സംബന്ധം എന്ന് പറയുമ്പം ഇത് പ്രത്യക്ഷ പ്രമാണത്തെ കുറിച്ച് പറയാം പ്രത്യക്ഷ പ്രമാണത്തിലാണ് ഇത് സംഭവിക്കുന്നത് എന്ത് ചെയ്യുന്നു ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളോട് ബന്ധമുണ്ടാകുന്നതിനാണ് എന്നിട്ട് ഭാഷയത്തിൽ പറഞ്ഞു പശ്വാദ ശബ്ദാദിവി ശ്രോത്രാധീന സംബന്ധി സതി ശബ്ദാദിവിജ്ഞാനെ എന്ന് പറഞ്ഞു അതിനെക്കുറിച്ച് ഭാഗതി കാലം പറയുന്നു ഭാഗതിയുടെ ശബ്ദാതി വിജ്ഞാനി തദ് ആദ്യം പ്രത്യക്ഷ പ്രമാണത്തെ കുറിച്ച് പറഞ്ഞു ഇന്ദ്രിയങ്ങൾക്കും വിഷയങ്ങളുമായി സംബന്ധമുണ്ടാകുന്നു അത് കഴിഞ്ഞെന്ത് പറഞ്ഞു ശബ്ദാദിവിജ്ഞാനം പറയുമ്പോൾ പ്രമേയുണ്ടാകുന്നു ഇന്ദ്രിയും വിഷയവുമായിട്ട് സംബന്ധം ഉണ്ടാകുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ജ്ഞാന പ്രമ യഥാർത്ഥം അതാണ് തദ്മുക്തം അത് കഴിഞ്ഞ് ഭാഷ്യത്തിൽ എന്താ പറയുന്നത് സതി ശബ്ദാദിവിജ്ഞാനെ പ്രതികൂലേ ജാതി അവിടെ പറയുന്നത് ശബ്ദാധിവിജ്ഞാന പ്രതികൂലം അപ്പൊ പശുന്റെ മുമ്പില് ഒരാൾ ഒരു വടിയും പൊക്കി നിൽക്കുന്നു അപ്പോ ഇയാള് എനിക്ക് പ്രതികൂലമാണെന്ന് പശു എങ്ങനെ മനസ്സിലാക്കും ഏ പശു കാണുന്ന എന്താണ് പടി കാണുന്നുണ്ട് ഒരു മനുഷ്യൻ നിക്കുന്ന കാണുന്നുണ്ട് ഇയാൾ എനിക്ക് അനുകൂലമല്ല ഇയാൾ എന്റെ ഉപദ്രവിക്കാൻ നിൽക്കുകയാണെന്ന് പശുവിന് എങ്ങനെ അറിവുണ്ടാവും ഇന്ദ്രിയധന്യവേഷണം ഉണ്ടാവുന്നത് വടിയിലാണ് പടി ആള് ഇതൊക്കെയാണ് ഇന്ദ്രിയധന്യവേഷം ഇന്ദ്രിയ സന്യകേഷം കൊണ്ട് എന്റെ മുമ്പിൽ ഇരിക്കുമ്പോ കുറിച്ച് ഞാനോ ഇന്ദ്രിയ സന്ധി ഭക്ഷണം കൊണ്ട് ഇത് പുസ്തകമാണെന്നുള്ള ഞാനും ഉണ്ടാവും തുറന്നു കഴിഞ്ഞാൽ എന്റെ അക്ഷരം ഞാനോ ഉണ്ടാവും നല്ലതോ ചീത്ത ഞാനും എങ്ങനെയുണ്ടാവും അത് അനുമാനം കൊണ്ടാണ് മൃഗങ്ങളും അനുമാനിക്കുന്നുണ്ടോ എങ്ങനെയാണോ പുക കണ്ടിട്ട് തീ അനുമാനിക്കുന്ന അതുപോലെ മൃഗങ്ങളും എന്ത് ചെയ്യുന്നു അനുമാനം ചെയ്തു വടി കാണുമ്പം പശു എന്ത് ചെയ്യും എത്രയെത്ര തുമഹ ത്ര പന്യെന്ന് പറഞ്ഞാൽ എത്ര എത്ര വടി തത്ര അത്ര അടി പശു അനുമാനിക്കുന്നു അല്ലാ പിന്നങ്ങനെ മനസ്സിലാക്കി അടിക്കാനാണ് ഇരിക്കുന്നത് എങ്ങനെയായിരിക്കുന്നത് പൂർവ്വ സ്മരണ ഉണ്ടായാ പോലെ പൂർവസ്മരണ പണ്ട് തന്നെ അടിച്ചിട്ടുണ്ട് ഇത്ര ഉണ്ടാവും അവിടെ നിന്ന് ഓടണമെങ്കിൽ എന്തുവേണം പണ്ടടിച്ചതിപ്പോ ഓടണം പണ്ടടിച്ചതിപ്പോ ഓടേണ്ട കാര്യമില്ലല്ലോ അതുണ്ടാവും പൂർവ്വ സ്മരണ പണ്ട് അടിച്ചിട്ടുണ്ടെന്നെ ഓടണമെങ്കിൽ എന്തുണ്ടാവണം ഇനി അടിക്കും എന്നുള്ള ബോധം ഉണ്ടാവണം അടിക്കും എന്നുള്ള ബോധം എങ്ങനെയുണ്ടാവും അനുമാനത്തിലൂടെ ഉണ്ടാവും ഇപ്പം മനുഷ്യരെ പോലെ തന്നെ മൃഗങ്ങളും എന്ത് ചെയ്യുന്നു അനുമാനിക്കുന്നു പ്രതികൂല ജാതെ തതോന്ന് വൃത്തി അത് പറയുന്നു ഭാമതല്ല പ്രതികൂല ഇതിന്റെ അനുമാന ഫലം അപ്പൊ ഒരു പടിയായിട്ട് നിക്കുന്നവനെ കാണുമ്പോ യവൻ എനിക്ക് അടിത്തരും എന്നുള്ള ബോധം ഉണ്ടാകുന്നത് എങ്ങനെയുണ്ടാവും അനുമാനത്തിലൂടെ ഉണ്ടാകത്തുള്ളു അങ്ങനെ ഒരു ബോധം ഉണ്ടാകത്തുള്ളു ഇപ്പൊ മനുഷ്യരെ പോലെ തന്നെ എന്തു ചെയ്യും എത്രയെത്ര ദൂമഹ അത്ര എത്ര വന്യെന്ന് പറയുന്ന പോലെ തന്നെ എത്ര എത്ര വടി എത്ര എത്ര അടി എന്നുള്ള വ്യാപ്തിജ്ഞാനം പശുവിനും ഉണ്ടാവും എന്നിട്ടാതെന്തു ചെയ്യും അനുഭവം ഉണ്ടാവും ഇപ്പൊ അടി കിട്ടും പറഞ്ഞിട്ട് എന്തെയ്യോ അത് അടി കെട്ടുന്നതിന് മുമ്പ് തന്നെ ഓടും അപ്പൊ അനുമതിയാണ് അത് തന്നെ ഉണ്ടാവുന്ന ആണ് പറയുന്നത് അനുമാനം വിശേഷിക്കുന്നു ശബ്ദാദിസ്വരൂപം ഉപലഭ്യ തജ്ജാദിയസ്യ പ്രതികൂലതം അനുസ്മൃത്യാ തജ്ദീയ ഉപലഭ്യമാന പ്രതികൂലതീ പശുവിനെന്താ സംഭവിക്കുന്ന പറയുന്നു സ്വരൂപത്തെ കേട്ടിട്ട് ശബ്ദാദി സ്വരൂപം ഒരുപക്ഷെ അവൻ അട്ടഹസിക്കുന്ന കേട്ടിട്ടായിരിക്കും പശു നിന്നെ ഞാനിപ്പോ കൊല്ലു എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് ഇത് കേട്ടിട്ട് അതാണ് ശബ്ദാദി സ്വരൂപ്യ തജ്ജാദിയസ് പ്രതികൂലതാമനുസ്മൃത്യ തജ്ജാതി അപ്പൊ പശു ചിന്തിക്കുകയാണ് ഇതുപോലെ പണ്ഡിതിക്ക് ഇവൻ അട്ടകസിച്ചപ്പോ എന്ത് ചെയ്തു അടി കിട്ടി സ്മരിക്കുകയാണ് പഴയ സംഭവം മനുഷ്യൻ ചെയ്യുമ്പോഴന്നെ മൃഗവും ചെയ്തു മനുഷ്യന്റെ തമ്മിൽ ഒരാളൊരു വടിയുമായിട്ട് വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കി പണ്ടവൻ വടിയും കൊണ്ടുവന്നപ്പോ അല്ലെങ്കിൽ വേറെ വടി വേണ്ടി വന്നപ്പോ എനിക്ക് അടി കിട്ടി സ്മരിക്കുന്നു അതാണ് തജ്ജാതീയസ്യ തന്റെ മുമ്പിൽ എന്താണോ കാണുന്നത് അതേ ജാതിയിലുള്ള ഒരു അനുഭവം മുമ്പ് ഉണ്ടായിട്ട് പ്രതികൂലതാ മനസ്മൃതിയ അന്ന് വടിയിരുന്നപ്പോ അത് പ്രതികൂലമായിരുന്നു അടി കിട്ടി അതിനെ ചിന്തിച്ചിട്ട് തജ്ജാതീയതയാ ലഭ്യമാനസ്യ പ്രതികൂലത അനുവിമീതേ അപ്പൊ അതേ രീതിയിലുള്ള ഒരു സംഭവമാണ് ഇതാ ഇവിടെ കാണുന്നത് തജ്ജാതീയതയാ ഉപലഭ്യമാനസ് പണ്ട് കയ്യിൽ വടിയിരുന്നപ്പോ അടി കിട്ടി ഇതാ ഇപ്പൊ എവന്റെ കയ്യിൽ വടി ഉണ്ട് അത് കണ്ടിട്ട് തജ്ജാതീയതെന്ന് വെച്ചാൽ എന്താണോ ഉപലഭ്യമാനസിയാന്ന് വെച്ച അന്നിരുന്നത് പോലെയുള്ള ഒരു വടി എവന്റെ കയ്യിലിപ്പോ ഇരിക്കുന്നു ഇത് കണ്ടിട്ട് പ്രതികൂലതാമിത് അടി കിട്ടും എന്നിങ്ങനെ അനുമാനിക്കുന്നു പശു അനുമാനിക്കുന്നു ഇതാണ് പശുപാലിപ്പിച്ച അവശേഷി തത്വജ്ഞാനി ആയിക്കൊള്ളട്ടെ തത്വജ്ഞാനി നോക്കുമ്പോൾ ഒരാൾ വലിയമായിട്ട് നേരെ വരുന്നു അപ്പൊ തത്വജ്ഞാനി മനസ്സിലാക്കുന്നു പണ്ട് ഇങ്ങനെ ഒരു വടിയമായിട്ട് വന്നപ്പോഴാണ് എനിക്ക് അടി ഓർക്കുന്നു സ്മരിക്കുന്നു എന്നിട്ടവിടെ അനുമാനിക്കേണ്ട ഇത് ഇനിയിപ്പോ അടുത്ത് കിട്ടാൻ പോകുന്ന എന്താണ് അടിയാണ് നമ്മൾ ഇതായി രക്ഷപ്പെടുന്നു പൈസ ആയിട്ട് എന്താ വ്യത്യാസം വ്യത്യാസം ഉണ്ടെന്നോ പറയുന്നില്ലെന്നോ വ്യത്യാസം കേട്ടിട്ടൊന്നും മനസിലാവുന്നു എന്ന് മനസ്സിലായി പിന്നെ ഈ കേട്ടിട്ട് കേട്ടിട്ടെന്ന് മനസ്സിലായി അത് നമ്മുടെ മനസ്സീരിക്കുന്ന ഞാനി ടിയുള്ളൂ തല്ലിപ്പോ ഏതെങ്കിലും ഒരു സ്വാമിയുടെ കാര്യമില്ല പറയുന്നത് തത്വജ്ഞാനമുള്ള ആരും ആണ് ഏതെങ്കിലും അടികളുള്ള സ്വാമിമാരൊക്കെ ഒരുപാട് കാണും നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ കാണും അവരുടെ കാര്യ പറയും ഇവിടെ പറയുന്നത് തത്വജ്ഞാനിയാണ് ഒരാൾ വെടിയായിട്ട് മുമ്പ് വന്ന എന്നെ പശു എന്ത് ചെയ്യുന്നു അത് തന്നെ ചെയ്യുമെന്നാ പറയും പശു എന്തു ചെയ്യുന്നു കാണുന്നു പ്രതികൂലം പഴയ സംഭവം ഓർക്കുന്നു അപകടമാണെന്നും അറിയുന്നു ഓടിപ്പോകുന്നു ഞാനീ എന്ത് ചെയ്യുന്നു പൊരുത്തൻ പടിയുമായിട്ട് വരുന്നു പഴയ അടി കിട്ടിയ കാര്യം ഓർക്കുന്നു ഇത് അപകടം അനുമാനം കൊണ്ട് മനസ്സിലാക്കുന്നു അവിടുത്തെ കിട്ടാൻ പോകുന്നത് പടിയാണ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു ഇതിന്റെ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോന്നോ ചോദിച്ചുണ്ടോ ഒരു വ്യത്യാസമുണ്ട് എന്നാലും സമ്മതിക്കാൻ പ്രയാസം കാരണം എന്തുകൊണ്ട് ഞാനൊരു ജ്ഞാനിയാണ് ഞാനൊരു പശുവിനെ പോലെയാണെന്ന് പറഞ്ഞാൽ എങ്ങനെ സമ്മതിക്കാൻ പറ്റും ഈ ചിന്ത കൊണ്ട് കിടക്കുന്നുകൊണ്ടാണ് ഉദാഹരണ അനുകൂലയുടെ പ്രവർത്തനത്തെ ഇനി അല്ല കയ്യിൽ പുല്ലാണിരിക്കുന്നെങ്കിൽ അപ്പോഴും പശു എന്ത് ചെയ്യുന്നു പുല്ല് കാണുന്നു ഉടനെ പഴയ കാര്യം പണ്ടവൻ പുല്ലും കൊണ്ട് വന്നതാണ് പറയുന്നു ഈ പുല്ലെനിക്ക് തരാൻ വേണ്ടി വരികയാണ് അനുകൂലമാണ് ഇത് അനുകൂലമായിട്ട് വരും അനുമാനിക്കുന്നു പഴയ പുല്ലിന്റെ അനുഭവം വെച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു അനുമാനിക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു പതുക്കെ അടുത്തേക്ക് നമ്മുടെ ഈ പശു അനുമാനിക്കുകയാണ് അപ്പൊ തത്വജ്ഞാനിയുടെ അടുത്ത് ഒരാള് പൂർണ്ണ വരുന്നു ഇത് മനസ്സിലാക്കി പണ്ട് പൂർണ്ണകുംഭം കൊണ്ടുവന്നിപ്പോൾ അതെനിക്ക് തന്നു അപ്പൊ ഇപ്പോഴും ഇത് തരാൻ വരികയാണ് അത് ഞാനിവിടെ അങ്ങോട്ടേണ്ട തത്വജ്ഞാനീൻറെ ഇതുപോലൊക്കെ അങ്ങോട്ട് നടക്കുന്ന പൂർണ്ണ കുമ്പത്തമാ അടുത്ത ഭാഷയത്തിൽ അനുകൂല പ്രവർത്തതയെ യഥാദണ്ഡ ഉദ്യതകരം ഉദാഹരതി യഥാദണ്ഡേരി ശേഷം അതിരോഹിതാർത്ഥം ബാക്കി പറയുന്ന കാര്യങ്ങളൊക്കെ അസ്പഷ്ടാർത്ഥമാണ് അതിരോഹിതം എന്ന് വെച്ചാൽ സ്പഷ്ടം എന്ന് പറഞ്ഞിരിക്കുന്നു എന്തോന്ന് ഇനി പറയുന്നതല്ല ദരം പടി ഉയർത്തിപ്പിടിച്ച കയ്യോടുകൂടിയ പടി പിടിച്ച കൈ ഉയർത്തി പുരുഷം ഒരു മനുഷ്യന് അഭിമുഖവും ലഭ്യ ഇതരെ കണ്ടിട്ട് മാഹന്തമായി മിച്ചതില്ലാം വരികയാണ് ഓടി തുടങ്ങുന്നു ഞാൻ ഓടുന്നു ഇത്ര ഓടി രക്ഷപ്പെടുന്നു അതൊക്കെ വളരെ സ്പഷ്ടമാണെന്നർത്ഥം ഹരിത തീർന്ന പൂർണ്ണ പാണി ഉപലഭ്യ ഫുള്ള് കയ്യിൽ നിറച്ച് പിടിച്ചു കൊണ്ടിരിക്കുന്ന കണ്ടിട്ട് അവന്റെ അഭിമുഖീകന്തി അവന്റെ നേരെ പോകുന്നു ഇതൊക്കെ വളരെ സ്പഷ്ടമാണിപ്പം പുരുഷ അഭി അതുപോലെ തന്നെ മനുഷ്യർ വ്യത്പന്നചിത്താഹ ആത്മബോധമുള്ളവര് ക്രൂരദൃഷ്ടി വളരെ ക്രൂരമായ നോക്കുന്ന ആക്രോശ അട്ടഹസിക്കുന്ന കടുക്കുദ്ധ്യതകരാൻ പാളുയർത്തിപ്പിടിച്ചവരെ ബലപര ബലമുള്ളവർ തന്നെ ഉപലഭ്യ കണ്ടിട്ടേ തതോ നിങ്ങളെ തന്നെ എവിടെ ഓടിപ്പോകുന്നു തദ്വിപരീതാമൃത്തി മാലയുമായിട്ടാണ് പറയണെങ്കിൽ പ്രവർത്തനന്റെ അടുത്തേക്ക് പോകുന്നു അത അതുകൊണ്ടെന്താളാണ് ഭാഷ്യത്തിൽ പറയുന്നത് സമാന തുല്യമാണ് പശ്വാതിഥി മൃഗങ്ങൾക്ക് സമാനമാണ് പുരുഷാണ് എന്ന് വെച്ചാൽ ആത്മബോധമാണ് മനുഷ്യർക്കും പ്രമാണ പ്രമേയ വ്യവഹാര പ്രമാണ പ്രമേയ വ്യവഹാരം തുല്യം തന്നെയാണ് നിങ്ങൾ ഈ പറഞ്ഞ ഉദാഹരണത്തിൽ നിന്നും രണ്ടുപേരിലും ഒരു വ്യത്യാസവും കാണാൻ പിന്നെ നമുക്ക് അംഗീകരിക്കാൻ പ്രയാസം നമ്മൾ ഞാനി എന്ന് പറഞ്ഞാൽ വേറെ എന്തോ ഇവിടെ ഇപ്പൊ അങ്ങനെയൊന്നുമല്ല പറയുന്നു അതുകൊണ്ട് ഇത് അംഗീകരിക്കാൻ നമുക്കൊരു പ്രയാസമുണ്ട് അവിടെ പറയുന്നു പശുവാധീന പ്രസിദ്ധ അവിവേക പുരസര പ്രത്യക്ഷാധിപാര പക്ഷ്യ പരിശുവാധികളും മൃഗങ്ങൾക്കും മറ്റും എന്താണ് ഭാഷയത് അവിവേക പുരസ്ര പ്രത്യക്ഷാദി പ്രസിദ്ധ അവിവേകം മുൻനിർത്തിയാണ് അജ്ഞാനം മുൻനിർത്തിയാണ് നമ്മുടെ പ്രത്യക്ഷാദി പ്രവൃത്തി എന്നുള്ളത് വളരെ പ്രസിദ്ധമാണ് എല്ലാവർക്കും അറിയാം വ്യുപത്തിമതാമുരുഷാണ പ്രത്യക്ഷാദി തത്കാല സമാന നിശ്ചയിതെർശന അതിന് തുല്യമായി കാണുന്നതുകൊണ്ട് വിത്പത്തിമതാമവി പുരുഷാണ് ആത്മബോധമുള്ള മനുഷ്യർക്കും പ്രത്യക്ഷാതിവ്യവഹാര പ്രത്യക്ഷം അനുമാനം ഉപമാനം തുടങ്ങിയ പ്രമാണ പ്രമേയ വ്യവഹാരങ്ങൾ തത്കാല അധ്യാസകാല തത്സ്യകാല യസ്യ എന്നെങ്കിലേ അധ്യാസമുള്ള കാലത്ത് സമാനയെ നിശ്ചയതേ തുല്യമാണ് ഇപ്പൊ മൃഗങ്ങളിലും വ്യവഹാരം നടക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ട് വിദ്യാസം മനുഷ്യരിലും വ്യവഹാരം നടക്കുന്നെങ്കിൽ അവിടെ എന്തുണ്ട് അധ്യാസം പ്രത്യക്ഷാ അവിദ്യ ശാസ്ത്രോദി സ്വർഗവാമ യജേത ഇത്യാദീന ദേഹാത്മ അഭ്യാസേന പ്രവർത്തിക്കുമർത്തി എന്ന് പറഞ്ഞാൽ അത് പരോക്ഷമാണെന്ന് മനസ്സിലായിക്കൊള്ളുന്നു അത്രക്കലും ആമുഷ്മിക ഫലബോകോ തലക്ഷണവാ തസ്വയ പ്രയോഗേ സേഹാതി ഭസ്മീഭൂതം പാരലോകികൾ ദേഹാദ്യതിരിത അധികാരി ആക്ഷിപതി ശാസ്ത്രം കഥം അവിദ്യാവത് വിഷയം ശാസ്ത്രം ഇവിടെ പറയുന്ന കാര്യം എന്ന് പറയുന്നത് പൂർവമീമാംസകരുടെ കാര്യം പറയാം പൂർവമീമാംസകരെന്ന് പറഞ്ഞാൽ പൗരോഹിത്യവാദിക്കും പുരോഹിതെന്ന് പറയുന്നത് പുരോഗത എന്താണ് പഴയകാലത്ത് ഏറ്റവും നല്ല ബിസിനസ് ചെയ്തവരാണ് ഏറ്റവും നല്ല ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഏറ്റവും കൂടുതൽ ലാഭമുണ്ട് യാതായകരമായി ബിസിനസ് ചെയ്തവരാണ് പഴയ കാലത്ത് ഇന്നില്ലെന്നു ചോദിച്ചാൽ ഇന്നുണ്ട് അവരാ തുടങ്ങി വെച്ച ബിസിനസ് ഇന്നും നടക്കുന്നു എന്താണ് ബിസിനസ് എന്താണ് ബിസിനസ് മറ്റുള്ളവരെ പറ്റിച്ച് കാശുണ്ടാകും യാതൊരു എത്തിക്സിനുണ്ടാകും വളരെ സമർത്ഥമായി ആൾക്കാരെ പറ്റിച്ച് പൈസ ഉണ്ടാക്കുന്ന ബിസിനസ് അത് ഇന്നും തുടരുന്നുണ്ട് ഇന്നും ഈ പൌരോഹിത്യം എന്ന് പറയുമ്പോ അതിന്റെ ഉള്ളിന്റെ ഉള്ളിലെന്തുണ്ട് തട്ടിപ്പുണ്ട് ഇനി ഈ പൌരോഹിത്യം കൊണ്ട് ജനങ്ങൾക്ക് ഗുണമില്ലെന്നല്ലേ ഞാൻ പറയുന്നു പൌരോഹിത്യം കൊണ്ട് ജനങ്ങൾക്ക് ഗുണവും ആർക്കും ഗുണമില്ലാത്ത കാര്യമുണ്ട് അത് ഗുണമുണ്ട് പക്ഷെ അതിനുവേണ്ടി അതിന്റെ ഗുണം എന്താണെന്നുള്ളതും പറയാം അതിനുവേണ്ടി പുരോഹിതന്മാര് സ്വീകരിച്ച ഒരു വളഞ്ഞ വഴിയെന്ന് പറഞ്ഞെന്താണ് ആൾക്കാരെ ആൾക്കാരെ ഇന്നും എല്ലാ ഇത് ഇവിടെ മാത്രമുണ്ട് ഏതെങ്കിലും ഒരു ജാതിയുടെ പ്രശ്നമുണ്ട് ലോകത്ത് മുഴുവൻ എവിടെയൊക്കെ പൗരോഹിത്യുണ്ടോ അവരിന്നും എന്താ ഉപയോഗിക്കുന്നത് ആ പഴയ തട്ടിപ്പ് തന്നെയാണ് ഉപയോഗിക്കുന്നത് ടിസ്ഥാനപരമായിട്ടതാണ് അപ്പോ ഇന്നിപ്പോ തട്ടിപ്പ് നടത്തുന്ന ഇത് തട്ടിപ്പാണെന്ന് അറിയാതെ നടത്തുന്നവരുമുണ്ട് മനസ്സിലായോ എന്ന് വെച്ചാൽ ഇപ്പൊ ചൈനയിൽ നിന്ന് ഡ്യൂപ്ലിക്കേറ്റ് സാധനം കൂടെ കൊണ്ടുവന്നു കടയിൽ വെച്ചിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് അറിയാതെ വിൽക്കുന്ന കടക്കാറും ഉണ്ട് അറിഞ്ഞുകൊണ്ടിരിക്കുന്നവരുമുണ്ട് രണ്ടു കൂട്ടരുണ്ട് ചെറുതീ സാധനം വരും ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടാണെന്ന് അറിഞ്ഞിട്ട് ിഞ്ചിന്റെ അറിയാതെ രണ്ടു കൂട്ടരും ഉണ്ട് അമ്പോ ഈ പൗരോഹിത്യം കൊണ്ട് ബിസിനസ് കിടത്തുക അതിൽ ഒരു കൊതിയൊരു കള്ളത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ട് നിങ്ങളിപ്പോ ഒരു പുരോഹിതനെ കാണാൻ പോയല്ലോ പുളിയും ഈ തട്ടിപ്പിന്റെ ഒരു ഭാഗമാണ് കാണാൻ പോയ നിങ്ങളും എന്താണ് ഈ തട്ടിപ്പിന്റെ ഒരു ഭാഗം അതപ്പോ എന്താണ് പൗരോഹിത്യത്തിന്റെ ഞാനത് വെറുതെ പറയുന്നത് പുരോഹിതന്മാരെ ആക്ഷേപിക്കാൻ വേണ്ടി പറയുന്നത് ഈ ഒരു ഭാഗം നിങ്ങള് ശരിക്കും മനസിലായി കഴിഞ്ഞാൽ മനസ്സിലാവും പൗരോഹിത്യ തട്ടിപ്പ് എന്താണെന്നുള്ളത് എത്ര അസമർത്ഥമായിട്ടാണ് അവരാൾക്കാരെ പറ്റിച്ചത് പക്ഷെ അതിൽ പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല ജീവിതകാലം മുഴുവൻ എന്തു ചെയ്യും അവനാ തട്ടിപ്പിന് വിധേയമായി തന്നെ ജീവിക്കും അവനാർക്കും തിരുത്താൻ പറ്റില്ല തിരുത്താൻ പോയാൽ ഏഹ് തലയ്ക്ക് പിടിച്ച് പോകാൻ അവനാർക്കും തിരുത്താൻ പറ്റില്ല പിന്നെ ഇതൊരു നല്ല വഴിയാണല്ലോ ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിലും കച്ചവടം നടക്കുക കാശു കിട്ടുമല്ലോ എന്ന് വിചാരിച്ചെന്ത് ചെയ്യും ഇതിലൊന്നും ആണ് ചേർന്നുകൊണ്ടിരിക്കും ഈ പൗരോഹിത്യ തട്ടിപ്പിന്റെ ഭാഗമായിട്ടൊന്നും ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കും പലർക്കും അത് അറിയത്തില്ല ഡ്യൂപ്ലിക്കേറ്റാണെന്ന് അറിയത്തില്ല അവർ ൂടനം എന്ന് പറഞ്ഞാൽ എന്താണ് വിദ്യാഭ്യാസം ഇല്ലവനൊന്നും ബുദ്ധി ഇല്ലാത്തവനൊന്നും ഒന്നല്ല ഏഹ് ഇപ്പോ ഈ ഒരുപാട് ഫ്രോഡുകൾ നടത്തുന്നുണ്ട് ഇന്റർനെറ്റിലൂടെ പലതരത്തിലുള്ള ഡിജിറ്റൽ അറസ്റ്റ് അത് ഇന്നലെ ഒരു വാർത്ത തോന്നു ഒരു അധ്യാപിക ഒരു അക്കൌണ്ട് കിടന്ന് നാലു കോടി രൂപ എടുത്തു കൊടുത്തു മലപ്പുറത്തുള്ള രണ്ട് പയ്യന്മാർക്ക് ഡിജിറ്റൽ അറസ്റ്റ് അവർ പറയുന്ന പോലെ അപ്പോ വിദ്യാഭ്യാസവും ബുദ്ധിയും കഴിവൊക്കെ ഉള്ളവരാണ് അവരെപ്പോലും എന്ത് ചെയ്യുന്നു തട്ടിപ്പുകാർ പറ്റിക്കുന്നു അല്ലാതെ ബാങ്കിലെ ഉദ്യോഗസ്ഥന്മാരെ പറ്റിക്കുന്നുണ്ട് സയന്റിസ്റ്റുകളെ പറ്റിക്കുന്നുണ്ട് അധ്യാപകരെ പറ്റിക്കുന്നുണ്ട് ഇവർക്ക് എന്താ ബുദ്ധിയില്ലാത്തവരാണ് അപ്പൊ ബുദ്ധിയുള്ള മനുഷ്യരെ തന്നെ എന്ത് ചെയ്യുന്നു ഈ സോഷ്യൽ മീഡിയ ഫ്രോഡുകൾ പറ്റിച്ച് കാശുണ്ടാക്കും അപ്പൊ ഈ ഫ്രോഡ് നടത്തുന്നവനും എന്ത് വേണം ബുദ്ധി വേണം ഇതിന് വിധേയനാകുന്നവനും ആരാണ് ബുദ്ധിയുള്ളവൻ തന്നെ പക്ഷെ അവിടെ എന്താ സംഭവിക്കുന്നത് അവന് ഈ ഒരു കാര്യത്തിൽ അവന്റെ ബുദ്ധി വർക്ക് ചെയ്യത്തില്ല ബാക്കി എല്ലായിടത്തും അവൻ്റെ അണുപാമ്പ് കണ്ടുപിടിക്കുന്നവനായിരിക്കും പക്ഷെ ഈ എന്താണ് സോഷ്യൽ മീഡിയ തട്ടിപ്പുണ്ടല്ലോ അതിലെ ബുദ്ധി വർക്ക് ചെയ്യത്തില്ല അതുപോലെ വലിയ വലിയ ബുദ്ധിമാന്മാരായ ആൾക്കാരെ ഈ പുരോഹിതന്മാരെന്തെയും തട്ടിപ്പിന് വിധേയമാക്കും കാരണം ആ ഭാഗത്ത് അവരുടെ ബുദ്ധി വർക്ക് ചെയ്യത്തില്ല ബാക്കി എല്ലായിടത്തും വർക്കാവും അവിടെയാണ് സംഭവിക്കുന്നത് അപ്പൊ അവരെന്തെയും അവര് പൂർണ്ണമായും അവന് വിശ്വസിക്കും പൂർണ്ണമായിട്ടും അവന് അവര് വിശ്വസിച്ച് അതിന് വിധേയമായിപ്പോകും അപ്പോ അവര് പറയുന്നെന്താണ് തട്ടിപ്പോയാൽ എന്താ എനിക്ക് ഗുണം കിട്ടിയെന്നാന്ന് പറയും ചിലർക്ക് ചിലർക്ക് ഗുണം കിട്ടുകയും ചെയ്യും ഇതുപോലെ മന്ത്രവാദം നിർത്തി ബാധ ഒഴിക്കുന്നവര് മന്ത്രവാദം നിർത്തി ചില ബാധ ഒഴിഞ്ഞു പോകുന്നോണ്ട് എന്തുകൊണ്ടാണ് ഒഴിവായി പോകുന്നു ബാധ ഇല്ലാത്തതാണ് അതുകൊണ്ട് ഒഴിവായി അപ്പോഴുള്ള ബാധ ഇറക്കി പോവുകയല്ല ബാധ ഇല്ല അവൻ ഇറങ്ങി പോകാറുണ്ട് പക്ഷെ അത് അവിടെ ഇറക്കും അറിഞ്ഞ് ബാധയി വിശ്വസിക്കുന്നവണ് അത് ഇറക്കി അവിടെ ഇല്ലാത്താണ് ഇറങ്ങിപ്പോകുന്നത് ബാധയും പറയുന്നൊരു സാധനം ഇല്ല പക്ഷെ ഇല്ലാത്തതിനാമെ ഇറങ്ങി വിടുമ്പം ബുദ്ധിമാനം അപ്പൊ അങ്ങനെ പ്രയോജനം ചെയ്തില്ലേ ഈ തട്ടിക്കുല് പ്രയോജനം ചെയ്തില്ലേ ബാധ ഇറങ്ങി പോയിട്ടേ പക്ഷെ എന്തുകൊണ്ടിറങ്ങി പോയി അത് ഇല്ലാത്തത് കൊണ്ട് ഇറങ്ങിപ്പോയെന്നല്ല അവൻ വിചാരിക്കുന്നു ഉള്ള ബാധ ാണ് അവിടെയാണ് ഗുണം എന്ന് പറയുന്നത് പാത ഇറങ്ങിപ്പോയത് അവന്റെ ഗുണമാണ് തട്ടിപ്പാറിന് എന്തുകിട്ടി കാശ് കിട്ടി തട്ടിപ്പുകാരന് ഇതാണ് സംഭവിക്കുന്നത് ഇതാരും തുടങ്ങി വെച്ചത് എങ്ങനെ തുടങ്ങി എപ്പതുടങ്ങി അതാണ് ഇനി പറയാൻ കേൾക്കാൻ തന്മനസ്സുള്ളവരിന്ന് കേൾക്കുക വിശദീകരിച്ചു വാർന്നേരാം